ഈ ഖുർആൻ നാം ഒരു പർവ്വതത്തിന്മേൽ ഇറക്കിയിരുന്നുവെങ്കിൽ അള്ളാഹു സുബാനഹുവത്ത ആലയോടുള്ള ഭയത്താൽ അത് വിനീതമായി വിണ്ടുകീറുന്നത് നിങ്ങൾ കാണുമായിരുന്നു മനുഷ്യർ ചിന്തിച്ചു നോക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നാം നൽകുന്നത്